കേൾക്കാം മനസ്സുകൊണ്ട് ദൈവം നൽകിയ ഒരു ദിനം കൂടി കടന്നു പോകുമ്പോൾ ലഭിച്ച അനുഭവങ്ങളിലൂടെ പ്രാർത്ഥന ചൈതന്യത്തിലേക്ക് കടന്നു ധ്യാന വിചിന്തനം നമുക്കായി നൽകുന്നത് മുൻ തൃശൂർ അതിരൂപതാമെത്ര ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു വലിയ ഗുരുവിനെ സന്ദർശിക്കുവാൻ യൂറോപ്പിൽ നിന്ന് ഒരു ആരാധകൻ കടന്നു വന്നു ഗുരുവിൻ്റെ വാസസ്ഥലത്തിൻ്റെയും പരിസരങ്ങളുടെയും ലാളിത്യം കണ്ട് ഈ യൂറോപ്യൻ സന്ദർശകൻ അമ്പരന്ന് ഒരു പരിക്കൻ കട്ടിലും ഒരു ബെഞ്ചും രണ്ട് മൂന്ന് തടിക്ക സേരുകളും ഷെൽഫിലിരിക്കുന്ന കുറേ പുസ്തകങ്ങളും അല്ലാതെ ഒന്നുമില്ല ഗുരുവിന് എവിടെയാണ് ഗുരുവിടെ വീട്ടു സാമഗ്രികൾ സന്ദർശിക്കാൻ ചോദിച്ചു ഗുരു പ്രതിവേശിച്ചു എവിടെയാണ് നിങ്ങളുടെ വീട്ടു എന്താ ഗുരുവി എങ്ങനെ ചോദിക്കുന്നത് ഞാൻ വെറും ഒരു സന്ദർശകൻ മാത്രമല്ലേ ഇവഴി കടന്നു പോകുന്നവൻ സാമഗ്രികൾ ചുമന്നുകൊണ്ട് കൂടെ കൊണ്ടുനടക്കുന്നതിന് ഗുരു പറഞ്ഞു സുഹൃത്തെ ഞാനും ഒരു വഴിയാത്രക്കാരൻ മാത്രമാണ് ഈശ പറയുന്ന രൂപകൾക്ക് കൃഷിക്കാരന് ആവശ്യം വിളവുകൾ സമൃദ്ധമായിരുന്നു ധാന്യങ്ങൾ പഴയ അറപ്പുരകളിൽ കൊള്ളില്ല ഉടമസ്ഥനൊട്ടും സംശയിച്ചില്ല അറപ്പുര പൊളിച്ചു ധാന്യങ്ങൾ കൊണ്ട് നിറച്ചു കുടവയർ തിരുമ്മിക്കൊണ്ട് സംതൃപ്തിയോടെ പറഞ്ഞു ആത്മാവിയെ തിന്നുക കുടിക്കുക അനേക വർഷത്തേക്ക് വേണ്ടവർ സംഭരിക്കപ്പെട്ടിരിക്കുന്നു ദൈവം അവനോട് പറഞ്ഞു മൂഢ ഇന്ന് രാത്രി നിന്റെ ആത്മാവ് അപ്പോൾ നീ ശേഖരിച്ചു വെച്ചവ ആരുടേതായിരിക്കും ധാന്യം ശേഖരിച്ച പോഷൻ ലോകത്തിൽ സ്ഥിരവാസക്കാരനാണെന്ന് ചിന്തിച്ചു പോയി ഒരു വഴിപോക്കൻ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഉറങ്ങാൻ പോവുകയാണ് നമ്മൾ നമുക്കുള്ളതിനോടെല്ലാം താൽക്കാലികമായി നമ്മൾ വിട പറയുന്നു ഒന്നും നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാൻ പാവില്ല മരിക്കുമ്പോൾ സഹൃദിനോടും നമ്മൾ വിട നമ്മൾ ശരിക്കും വഴിയാത്രക്കാർ മാത്രമായിരുന്നു എന്ന ബോധം ഉദയം ചെയ്യുന്നു മരിക്കും വരെ നോക്കിയിരിക്കേണ്ട ഇന്ന് ഉറങ്ങാൻ പോകുമ്പോൾ കർത്താവിനോട് പറയുക ഞാനൊരു തീർത്ഥാടകൻ മാത്രമാണ് കർത്താവെ അങ്ങേപ്പക്കലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഭൗതിക വസ്തുക്കളിൽ ബന്ധിതരായി എന്റെ യാത്ര തടസ്സപ്പെടാതെ അങ്ങേ പിഞ്ചുവാൻ എനിക്ക് തരണമേശുട്ടെ കൺക്ലൂഷൻ നമുക്കായി അവതരിപ്പിച്ചത് മുൻ തൃശൂർ അതിരൂപതാ മെത്രാ പോലിത്ത मैं जेकब तुंगु